അപ്പൊ ആ നിശ്ചല തത്വത്തിനെ നമ്മളുടെ സ്വരൂപം തന്നെ നിശ്ചലമാണ് ആ നിശ്ചല തത്വത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് ഈ സത്സംഗമൊക്കെ നമ്മളിൽ രണ്ട് തത്വം കാണാം ഒന്ന് സചലം ഒന്ന് നിശ്ചലം സചലമായിട്ടുള്ളത് മനസ്സ് നിശ്ചലമായിട്ടുള്ളത് ഞാൻ സ്വരൂപം നമ്മളുടെ ശ്രദ്ധ സദാ സചലമായിട്ടുള്ളതിലാണ് മനസ്സ് ശരീരം പ്രപഞ്ചം ഈ തത്വം എല്ലാ മഹാത്മാക്കളും പറഞ്ഞിട്ടുള്ളതാണ് യേശു ക്രിസ്തുവിനെന്നോ പറഞ്ഞു അത്ര ക്രിസ്തുവിന്റെ ആ ഭാഗം മുഴുവൻ കുഴിച്ചുമൂടി നോസ്റ്റിക് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് മുഴുവൻ എടുത്തു പുറത്തേക്ക് ക്രീട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതൊക്കെ തന്നെ പോപ്പ് ബാൻഡ് ചെയ്തു പുറത്തു കൊണ്ടുവരാൻ പാടില്ല എന്ന് വന്നിട്ട് എന്താന്ന് വെച്ചാൽ അത് മുഴുവൻ ഉപനിഷത്താണ് അതൊന്ന് പുറത്തു കൊണ്ടുവരാൻ പാടില്ലെന്ന് ഒന്ന് ബാൻഡ് ചെയ്തു അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എത്രയോ ആയിരം വർഷം പഴക്കമുള്ള തോലുകളിൽ എഴുതിയിട്ട് ഭരണിയിലിട്ട് ഓടിവെച്ചിരിക്കുകയായിരുന്നു തോമസ് അതാണ് ഇതൊരു ഡൌട്ടിംഗ് തോമസ് എന്നൊരു ചൊല്ല് തന്നെ ഇംഗ്ലീഷിലുണ്ട് അദ്ദേഹം ജ്ഞാനിയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ തത്വം മുഴുവൻ ക്രിസ്തു പറഞ്ഞിരുന്നു അത്ര അതിലൊരിടത്ത് ക്രൈസ്റ്റ് പറയണു എന്താണ് തത്വം ചോദിക്കുന്നു അതിന് ക്രിസ്തു പറയണു മൂവ്മെന്റ് ആൻഡ് റെസ്റ്റ് മൂവ്മെന്റ് എന്താണ് അഹങ്കാരം മുതൽ ശരീരം വരെ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ മൂവ്മെന്റാണ് റെസ്റ്റ് എവിടെ ഉണ്ട് ഇതിൽ റെസ്റ്റേയിലായി ഇത് അനുസൂതം റോട്ടേറ്റിംഗ് ടോപ്പാണ് ചലിച്ചുകൊണ്ടേയിരിക്കും റെസ്റ്റ് എവിടെയുണ്ട് അതിനൊക്കെ പുറകെ ചെന്ന് നമ്മളുടെ സ്വരൂപത്തിൽ നോക്കിയാൽ ആ റെസ്റ്റ് തന്നെ ഇവിടെ തന്നെ ഉണ്ട് രണ്ടും ഒരേ സ്ഥലത്ത് നിൽക്കണു ചലാചല നികേതശ്ശ എതിർ യാദൃച്ഛോഭവേ തരുന്നു പറയുന്നു ചലാചല നികേതൻ ജ്ഞാനി ചലാചല നികേതനാണ് ശരീരം നിരന്തരം പ്രവർത്തിച്ചു മനസ്സ് നിരന്തരം പ്രവർത്തിച്ചു ലോകത്തിൽ എന്തൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും അച്ചലമായിട്ട് നിൽക്കണു ഉള്ളിൽ അകമേക്ക് അച്ചലതത്വം പുറമേക്ക് സചലതത്വം അപ്പൊ ആ അചലതത്വമാണ് ദക്ഷിണാമൂർത്തി അച്ചലതത്വത്തിനെ അറിഞ്ഞിട്ട് സചലതത്വത്തിൽ നമ്മൾ എന്തൊക്കെ വ്യവഹാരം ചെയ്താലും ഒന്നും തടസ്സമില്ല യാതൊന്നും തടസ്സമില്ല യു വിൽ ബിക്കം അൻ ഒറിജിനൽ പേഴ്സൺ ആ അച്ചലത്തിനെ തൊട്ടിട്ട് സചലത്തിൽ ഏതവസ്ഥയിൽ ഗൃഹസ്ഥനായിട്ടോ ഏത് സ്ഥിതിയിലും വലിയ ജോലി ചെയ്തുകൊണ്ട് എന്തോ പ്രാരബ്ധമനുസരിച്ച് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഇതൊന്നും ഈ ജീവനെ സ്പർശിക്കില്ല ബാധിക്കില്ല ദുഃഖിപ്പിക്കില്ല ആ സചലത്തിനെ തൊട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മളെ ബാധിക്കും അച്ചലത്തിനെ ആ അച്ചലത്തിനെ കാണിച്ചു ഇവിടെ ആചാര്യസ്വാമികൾ പക്ഷെ ആ അച്ചലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ സചലത്തിൽ നിന്നുമാണ് കാരണം നമുക്ക് അറിയുന്നത് സചലമാണ് നമുക്ക് പരിചയമുള്ളത് ഈ സച്ചലമാണ് പരിചയമുള്ളത് ഈ പ്രപഞ്ചമാണ് വിശ്വമാണ് ഈ വിശ്വം മാത്രം ഉണ്മയാണ് അയം ലോകോ നാസ്തി പറ പുനഃ പുനഃ വശമാ യമൻ പറയുന്നു കുഞ്ഞ് ഈ ലോകം മാത്രമാണ് ഉണ്മ ഇതിൽ കൂടുതൽ ഒന്നുമില്ല എന്ന് ധരിച്ചിരിക്കുന്ന മഠയും വീണ്ടും വീണ്ടും എന്റെ അടുത്ത് വന്നും പോയും കൊണ്ടിരിക്കും യമരാജധാനിയിലേക്ക് സീസൺ ടിക്കറ്റാണ് അപ്പോ ഈ വിശ്വം നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നു വിശ്വം അറിയപ്പെടുന്നു ഈ അറിയപ്പെടുന്നതിൽ നിന്നും അറിയുന്നവനിലേക്ക് ഉള്ള ജേർണി അതാദ്യപടി ആയിട്ട് നമ്മളുടെ ശ്രദ്ധയെ സദാ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണേ സത്സംഗത്തിലേക്ക് വന്നുകൂടെ വരണം പക്ഷെ ഞങ്ങളുടെ പ്രാരബ്ധം എന്തൊക്കെ കാര്യങ്ങൾ കിടക്കണോ കുടുംബ പ്രശ്നങ്ങള് ശാരീരിക പ്രശ്നങ്ങൾ അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ എന്ത് അതെന്തിന് നിങ്ങളെ തടസ്സം ചെയ്യണം അത് ആർക്കാ ഇല്ലാത്തത് ഭഗവാൻ അവതാരം ചെയ്തപ്പോലും ഭഗവാൻ അതൊക്കെ അനുഭവിച്ചു കാണിച്ചു ഭഗവാൻ അവതാരം ചെയ്താലും ശരീരത്തിന്റെ തലത്തില് മനസ്സിന്റെ തലത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയേ ഇല്ല ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ തീർത്തിട്ട് വേണം ഞാൻ ആത്മവിചാരം ചെയ്യാൻ എന്ന് വെച്ചാൽ ഈ ജന്മത്തിലൊന്നും സാധിക്കാൻ പോണില്ല സമുദ്രത്തിന്റെ കരയിൽ അലയൊക്കെ ഒന്ന് അടങ്ങിയിട്ട് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അലയൊന്നും അടങ്ങുകയില്ല അവസാനം സുനാമി വരും നമ്മളെ തന്നെ പൊക്കിക്കൊണ്ടുപോകും അല അടങ്ങുകയില്ല ഈ വിശ്വം അത് നമ്മളുടെ എനർജിയെ ഇങ്ങനെ സഖിയതുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേദാന്തത്തിന് ലോകം കള്ളമാണ് ഇല്ലാത്തതാണ് എന്ന് പറയാൻ ഉദ്ദേശമേ ഇല്ല അത് ഉദ്ദേശമേ അല്ല ലോകത്തിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതും വേദാന്തത്തിന് ഉദ്ദേശമല്ല കാരണം എല്ലാ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ് അല്പം ചിന്തിച്ചാൽ ഇത് ഇൻഎക്സ്പ്ലിക്കബിളാണ് ഇതിന് പോയിട്ട് ആരെങ്കിലും മഹാത്മാക്കൾ എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടിരിക്കോ ഉള്ളതാണ് ഇല്ലാത്തതാണ് അനിർവചനീയം ഇതിനെക്കുറിച്ച് പറയണമെന്നേ ഉദ്ദേശമില്ല പിന്നെ എന്തിനെക്കുറിച്ച് പറയണു എന്നുവെച്ചാൽ നീ ചോദിക്കണമല്ലോ അതുകൊണ്ട് തന്നെ പറയണത് ഈ ചോദിക്കുന്ന ആൾക്കു വേണ്ടിയാണ് ഈ ഉത്തരം രണ്ടു തരത്തിലുള്ള ആളുകളാണ് ഒരു തരത്തിലുള്ള എങ്ങനെയെങ്കിലും ഈ ലോകത്തിനെ നിങ്ങളുടെ ജിജ്ഞാസ അടങ്ങണം അല്ലെങ്കിൽ പോയി നോക്കണം നമ്മളെ ആധുനിക ശാസ്ത്രം നോക്കൂ പോയിക്കൊണ്ടേ അനുസ്യൂതം വേസ്റ്റിംഗ് എനർജി സ്കാറ്ററിംഗ് എനർജി ഡിസിപ്പേറ്റിംഗ് എനർജി കാര്യമായിട്ട് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന എനർജി മുഴുവൻ പുതിയ പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നതും പുതിയ പുതിയ പ്ലാനറ്റ്സിലേക്ക് പോകാനുള്ള യാത്രയും സ്പേസ് മുഴുവൻ ദുഷിപ്പിച്ചിരിക്കണം ഓരോ ഉപഗ്രഹങ്ങളെ വിട്ടിട്ട് ഇനിയിപ്പോ ടൂറ് പോകാനുള്ള ഏർപ്പാടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നട്ട് ബോൾട്ട് പൊട്ടിപ്പോയ വാതിലും ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കുക മോളില് സാറ്റലൈറ്റ്സിന്റെ പോകാൻ കഴിയാതെ ജിജ്ഞാസ ഈ ജിജ്ഞാസ എന്ന് പവറാണ് ഒരു എനർജിയാണ് ഊർജമാണ് അതിങ്ങനെ പുറമേക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടേക്കാണ് അപ്പൊ ആദ്യം കണ്ടു ഇതിനെങ്ങനെങ്കിലും ഒക്കെ നിരോധം ചെയ്യണം ചെറിയ കുട്ടികളാണെങ്കിൽ എന്തു ചെയ്യും വളരെ എളുപ്പത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം എങ്ങനെ ലോകം എങ്ങനെ വന്നു കുട്ടികൾ ചോദിക്കും കുട്ടികളുടെ അടുത്ത് എന്തു പറയാ ബ്രഹ്മാവ് ഒരു ദിവസം താമരയുടെ ഇരുന്നു ഇരുന്നപ്പോ ഭഗവാൻ പറഞ്ഞു ലോകം എന്ന് പറഞ്ഞു അപ്പോ ഉടനെ ബ്രഹ്മാവ് സങ്കല്പിച്ചു ലോകം എന്ന് പറഞ്ഞാൽ കുട്ടികളോ എഫക്ട് എന്താന്ന് വെച്ചാൽ അത് ഉണ്മയാണോ കള്ളവാണോന്നല്ല ഈ കുട്ടിയുടെ ഉള്ളിൽ ജിജ്ഞാസാരൂപത്തിൽ പൊന്തി വന്ന ഒരു ചിത്തവൃത്തി അടങ്ങി ആചാര്യന്മാര് നമ്മളുടെ ഋഷികളാരും പുറമേക്ക് എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻസേ കൊടുത്തില്ല അവര് നിങ്ങളെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ പുരാണ കഥകൾക്കൊക്കെ എന്തർത്ഥം എന്തർത്ഥം അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുമ്പോൾ എനിക്കൊരു ആനന്ദം ഉണ്ടാവുന്നുണ്ടല്ലോ ആ ആനന്ദം തന്നെ അർത്ഥം അതിന് യുക്തി ചെയ്യാൻ പോയിട്ടൊന്നും കാര്യമില്ല ആനന്ദം തന്നെ അർത്ഥം ആ ആനന്ദം ഉണ്മയാണല്ലോ ഫാക്ച്വലായിട്ട് ഇപ്പൊ അമേരിക്കയിൽ നടന്ന ഒരു കാര്യം പറഞ്ഞ് ഞാനാകാടെൻഷനായിട്ട് ഇപ്പൊ എന്തു പ്രയോജനം അത് ഫാക്ച്വലായിട്ട് നടന്നതാണ് അപ്പൊ ഈ പ്രപഞ്ചം മുമ്പിൽ കാണപ്പെടുന്നു കാണപ്പെടുന്ന പ്രപഞ്ചം നമ്മളുടെ എനർജിയെ സക്കിയതുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രപഞ്ചം നമ്മളുടെ ശരീരം നമ്മളുടെ മനസ്സ് ഇത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ എനർജി എന്ന് വെച്ചാൽ അറ്റൻഷനാണ് എനർജി ശ്രദ്ധ ശ്രദ്ധ എന്ന് പറയുന്ന ഒരേ മൂലധനമേ നമുക്കുള്ളൂ ആ ശ്രദ്ധ എന്നുള്ളതിനെ നമ്മൾ ശരീരത്തിലും മനസ്സിലും ലോകത്തിലും ഉപയോഗിച്ചാൽ അവിടെ പോയി പോകും അതിനെ അത് എവിടുന്ന് പൊന്തിയോ ആ മൂലത്തിലും ഉപയോഗിച്ചാൽ നമ്മൾ ആത്മസാക്ഷാത്കാരം നേടും ഒരേ ഒരു സാധനമേ ഉള്ളൂ അതിനെ ഇങ്ങോട്ട് ഉപയോഗിക്കണോ ഇങ്ങോട്ടുപയോഗിക്കണോ എന്നുള്ളത് നമ്മളുടെ കയ്യിലിരിക്കണു പക്ഷെ നമ്മളെ അത് നമ്മളുടെ ആന്തരികമായ പ്രയോജനത്തിന് അനുമതിക്കാതെ ഈ ശരീരവും മനസും ലോകവും വലിച്ചുകൊണ്ടേയിരിക്കയാണ് ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തെങ്കിലും വിധത്തിലൊരു ജിജ്ഞാസ ഉണ്ടാക്കിയിട്ടും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അപ്പൊ എന്തെങ്കിലും വിധത്തിൽ ഈ ജിജ്ഞാസ ശമിച്ചാൽ വേണ്ടില്ല പക്ഷേ ബുദ്ധി അധികം വളർത്തിയ ആളുകൾക്ക് ഈ ജിജ്ഞാസ ചെറിയ കഥകൾ കൊണ്ടൊന്നും ശമിക്കില്ല അപ്പൊ അവർക്ക് എന്ത് വേണം ബുദ്ധിയുടെ തലത്തിൽ വന്ന് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് പറയുന്നത് ഈ ലോകം വാസ്തവമല്ല എവിടെ മനുഷ്യടെ ഒരു ഭക്തൻ ചോദിച്ചു എന്താ ഭഗവാൻ ഈ വേദാന്തികൾ ലോകം ഉണ്മയല്ല ഉണ്മയല്ല എന്ന് പറയണത് എന്താ കാരണം നീ ഉണ്മയാണെന്ന് പറയണത് കൊണ്ട് തന്നെ അങ്ങനെ പറയണത് നീ ഉണ്മയാണോ ഉണ്മയാണോ വാസ്തവം വാസ്തവം എന്ന് പറയണം അതുകൊണ്ട് തന്നെ അത് വാസ്തവമല്ല എന്ന് പറയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ മിണ്ടേയില്ല ഹൂസ് കൺസേൺ അത് എന്ത് ആവട്ടെ അത് നമ്മളുടെ എനർജിയെ ഊറ്റി കുടിക്കുന്നത് കൊണ്ട് വറ്റിക്കുടിക്കണോ വറ്റിയെടുക്കുന്നത് ഡ്രെയിൻഡ് ഔട്ടാവുന്നത് കൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ആദ്യം ശ്രദ്ധയെ അതിൽ നിന്ന് എടുക്കൂ ശ്രദ്ധയെ അവിടെ കൊണ്ടുപോയി പതിപ്പിച്ചാൽ ഈ ജന്മത്തിലൊന്നും അധ്യാത്മ ജീവിതം നടക്കില്ല ഈ വിശ്വം വിശ്വം ഈ വിശ്വം എവിടുന്ന് വന്നു വിശ്വത്തിന്റെ സ്വരൂപം എന്താണ് ഇതാണ് സദാ എക്സ്പ്ലനേഷൻ ചിന്തയെ എവിടുന്ന് വന്നു അനന്തമായ സ്പേസ് ഇതിനൊക്കെ എവിടെയാ ഇതൊക്കെ എവിടെ പ്രതിഷ്ഠിതമായിട്ട് നിൽക്കണു അതിനുള്ള ഉത്തരമാണ് ആദ്യത്തെ ശ്ലോകം വിശ്വം ദർപ്പണ ദൃശ്യമാനനഗരീതുല്യം നിജതം പശ്യൻ ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാദ്ര യക്ഷാത്കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാസ്മൈ ഗുരുമൂർത്തേ നമ ഇതം ഓരോ ശ്ലോകത്തിന്റെ അവസാനം ആ ഗുരുമൂർത്തിക്ക് നമസ്കാരം ഗുരുമൂർത്തിക്കുള്ള അജക്ടീവാണ് ദക്ഷിണാമൂർത്തി എന്നുള്ളത് ഇവിടെ ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്ന ഗുരുമൂർത്തി ആ ഗുരുവിന് നമസ്കാരം ദക്ഷിണാമൂർത്തിയായി സദാ ജ്ഞാനപ്രസരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗുരുവിനെ നമസ്കരിക്കും തസ്മയി തസ്മയി എന്ന് വെച്ചാൽ രണ്ടർത്ഥം അവനായിക്കൊണ്ട് എന്നൊരർത്ഥം പിന്നെ അതിനായിക്കൊണ്ട് എന്നൊരർത്ഥം അതായത് എന്തിന് ഓരോ ശ്ലോകത്തിലും പറയുന്ന ആ തത്വം എന്റെ ഉള്ളിൽ പ്രകാശിക്കാനായിക്കൊണ്ട് ആ ദക്ഷിണാമൂർത്തിക്ക് ഞാൻ നമസ്കരിക്കുന്നു ഇനി പറയാൻ പോകുന്ന ഓരോ ശ്ലോകത്തിലും പറയുന്ന തത്വം ആ സത്യം ആ വസ്തുസ്ഥിതി എനിക്ക് പ്രകാശിച്ച അനുഭവത്തിൽ വരാനായിക്കൊണ്ട് ആ ദക്ഷിണാമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമഹായുധം ശ്രീ ദക്ഷിണാമൂർത്തയേം എന്താണ് ആദ്യത്തെ ശ്ലോകത്തിലെ വിഷയം എന്നുവെച്ചാൽ വിശ്വമാണ് വിഷയം അന്വയവ്യതിരേക മാർഗം എന്ന് പറയും ആദ്യം വ്യതിരേക മാർഗമാണ് വ്യതിരേകം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ പോകൽ പുറമേ നിന്നും അകമയ്ക്ക് പോവൽ വ്യതിരേകം അകമയിൽ നിന്നും പുറമേക്ക് വരൽ അന്വയം തള്ളി തള്ളി തള്ളി തള്ളി പോകൽ വ്യതിരേകം എല്ലാത്തിനെയും ഇതിൽ ഒന്നു മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല ആദ്യം തള്ളി തള്ളി തള്ളി പോകുന്നു എന്നിട്ട് പിന്നെ എല്ലാത്തിനേയും കൂടെ സമഗ്രമായി എടുക്കുന്നു വിശ്വം ഇല്ലാത്തതാണ് എന്ന് പറയുന്ന അതേ വേദാന്തം തന്നെ പറയുന്നു വിശ്വം ബ്രഹ്മമാണ് സർവം ഖൽവിധം ബ്രഹ്മം ബുദ്ധിയുടെ മണ്ഡലത്തിൽ കുടുങ്ങിയ ആളുകൾക്ക് ഇന്നലെ പറഞ്ഞ പോലെ വ്യാമിശ്രേണേവ വാക്യേനെന്ന് തോന്നും കോൺട്രഡിക്ഷൻ ഏത് വേദാന്തം ലോകം കള്ളമാണെന്ന് പറയുന്നു അവിടെ തന്നെ വിഷ്ണു സഹസ്ത്രനാമം നോക്കിയാൽ വിശ്വം വിഷ്ണു വിശ്വസ്മയി നഹ വിശ്വം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് അത് എപ്പോ ആത്മസാക്ഷാത്കാരമുണ്ടായാൽ അതിനു മുമ്പല്ല അതിനു മുമ്പ് വെറുതെ പറഞ്ഞാൽ നമുക്ക് വെറും വാക്ക് ഉള്ളൂ ആ സത്യം കണ്ടെത്തിയാൽ പ്രഹ്ലാദന് വിശ്വം വിഷ്ണുവാണ് ഹിരണ്യകശുപു അവിടെ തന്നെ നിൽക്കണു എവിടെ എവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു രണ്ടുപേരും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം ഈ വിശ്വം കാണപ്പെടുന്നുണ്ടല്ലോ ഇത് എവിടുന്നുണ്ടായി ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം ദർപ്പണം കണ്ണാടി കണ്ണാടിയുടെ മുമ്പില് ദർപ്പണെന്ന് വെച്ചാ കണ്ണാടി നിറർ കണ്ണാടിയുടെ മുമ്പില് ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്നെ പ്രതിബിംബിച്ച് കാണും അപ്പൊ മുഖത്ത് കരിയുണ്ടെങ്കിൽ കണ്ണാടിയിലാണോ തുടക്ക എന്റെ മുഖത്ത് തന്നെ തുടക്കണം അല്ലേ കണ്ണാടിയിൽ ഇല്ല എന്നറിയാം കണ്ണാടി ഒരു പ്രതിബിംബം മാത്രമാണ് മുഖത്ത് കരി കണ്ണാടിയിൽ തുടച്ചിട്ട് കാര്യമില്ല മുഖത്ത് തന്നെ തുടയ്ക്കണം ഷേവിംഗ് നടത്തണമെങ്കിൽ കണ്ണാടി മുമ്പിൽ വെച്ച് കണ്ണാടിക്ക് ഷേവ് ചെയ്താ പറ്റുമോ മുഖത്ത് തന്നെ ഷേവ് ചെയ്യണം അല്ലേ വലിയ ഒരു തീവ സൂക്ഷ്മമായ ഒരു ധ്യാനസ്ഥിതിയിൽ ഇതിന്റെ വാസ്തവികത നമ്മൾ കാണും കാണുന്ന ഓരോന്നും എന്റെ ഉള്ളിലുള്ള ഏതോ ഒരു വാസനയുടെ മൂർത്തരൂപമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് മുഴുവൻ അതുകൊണ്ട് വേദാന്തികൾ പറയാം ശിഷ്യൻ ഗുരുവിനെ ഉണ്ടാക്കുന്നു ഗുരു ശിഷ്യനെ ഉണ്ടാക്കുന്നു എന്റെ ഉള്ളിലെ ഏതോ ഒരു സങ്കല്പത്തിന്റെ ഫ്രൂയിഷനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ രൂപങ്ങളും നമ്മള് ജീവിതത്തിൽ കോൺടാക്ടൽ വരുന്ന ഓരോ ആളുകളും നമ്മ വാഴയിലെ യാർ യാരു കിട്ടാം സമ്പന്ധപ്പെടോ അവ നമ്മളെ തരമ നമുക്കുള്ളതയോ ഒന്ന് റെപ്രസെന്റ് പണ്ടാ അമുക്ക് കോപം വരുന്നത് ചില പേരെ പാത്താ ഇഷ്ടം വരുന്നത് സ്പോൺടേനിയസാ ചിലപേരെ കണ്ടോ പിടിക്കലേ ുള്ള എടുക്കര ഏതോ ഒരു ഇമോഷനോട് കോൺക്രീറ്റ് ഫോമാക്കി എനിക്ക് മുന്നാൽ നിൽക്കരുത് ഈ തത്വം അറിഞ്ഞാൽ തന്നെ വേറെ ഒരു കാര്യം നമ്മളെ ഭഗവാൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കുടുംബത്തിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു അവിടെ പല വിഷമങ്ങൾ ഉണ്ടെങ്കിലും കഴിയുന്നതും അവിടുന്ന് ചാടിപ്പോകരുത് നമ്മൾ എവിടെയോ ഉള്ളിൽ വെച്ച ഏതോ വികാരത്തിന്റെ ബാഹ്യരൂപങ്ങളാണ് ഭർത്താവായിട്ടും ഭാര്യയായിട്ടും കുട്ടികളായിട്ടും നമുക്കിഷ്ടമുള്ള രീതിയിലോ ഇഷ്ടമില്ലാത്ത രീതിയിലോ ഒക്കെ നിൽക്കുന്നത് അവരുമായിട്ട് എന്തോ സംബന്ധമുണ്ട് നമ്മളുടെ തന്നെ പ്രൊജെക്ഷനാണ് നമ്മളുടെ ഉള്ളില് ശരിയാക്കിയാൽ ഒന്നിൽ പുറമേക്ക് അവര് ഡിസപ്പിയറാവും അല്ലെങ്കിൽ ആ വിച്ഛേദമുണ്ടാവും ഏതോ വിധത്തിൽ അത് വിട്ടുപോകും നമുക്ക് കാണാതെ അതിനിഗൂഢമായ ഈ ഒരു ആന്തര രഹസ്യം നമുക്ക് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നും വെറുതെയല്ല ഓരോരോ കോൺടാക്ട് ഓരോ ആളുകളുമായിട്ടുള്ള ബന്ധവും നമ്മളുടെ ഉള്ളിലുള്ള ഏതോ ഒരു ഡിസ്റ്റർബൻസിന്റെയോ അഥവാ ഒരു സാത്വികമായ വികാരത്തിന്റെയോ ബാഹ്യപ്രജക്ഷനാണ് അവർ ഓരോ ഇൻസിഡന്റും ലൈഫിൽ ഓരോന്നും കണ്ണാടി കാണുന്ന പോലെയാണ് ഓരോന്നും ഇത് ഇതൊരു ഫിലോസഫിയല്ല ജീവിത തത്വമാണ് ഓരോന്നും കണ്ണാടി കാണുന്നപ്പോൾ ഓരോ ഇൻസിഡന്റ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് കോണ്ടാക്ട് കണ്ണാടിയാണ് അറിഞ്ഞുകൂടുക ലോകം കണ്ണാടിയാണ് എന്നുവെച്ചാലോ ഇവിടെ ഉള്ള എന്തോ മുമ്പിൽ വേറെ ഒരു രൂപത്തിൽ വന്ന് നിൽക്കണു അയാളെ നോക്കി ഞാൻ എന്നെയാണോ കാണുന്നത് അല്ലേ ഒരു ഒരേ ആളെ കാണുമ്പോൾ പല ആളുകൾക്കും പല വികാരങ്ങളുണ്ടാവണം ആ വ്യക്തിക്കും ഈ വികാരത്തിനും ബന്ധമേയില്ല ഈ വികാരം എവിടുന്നു വന്നു ആ വ്യക്തി ഈ വികാരത്തിന്റെ വെറു ഒരു സിംബലാണ് എന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വികാരത്തിന്റെ വെറു ഒരു സിംബലാണ് പുറമേക്ക് കാണുന്ന ഈ വ്യക്തി വ്യക്തിയെ അവിടെ വികാരം എവിടെ ഉണ്ടാവണം വ്യക്തിയെ മാറ്റേണ്ട വികാരത്തിനെ മാറ്റിയാൽ ഒന്നിൽ ആ വ്യക്തി ഇൻസിഗ്നിഫിക്കന്റായിട്ട് മുമ്പ് ഒന്ന് പോകും അല്ലെങ്കിൽ മറഞ്ഞനു പോവും അപ്പോ ഈ ദർപ്പണ നഗരി തുല്യം ഈ കാണുന്ന വിശ്വം മുഴുവൻ കണ്ണാടിയിൽ കാണുന്ന ഒരു നഗരി പോലെ നഗരി പോലെ എന്ന് വെച്ചാൽ മുമ്പിൽ വലിയ പട്ടണം പോലെ കാണുന്നുണ്ടല്ലോ ഈ പ്രപഞ്ചം അത് മുഴുവൻ ഒരു കണ്ണാടി നേരെ വെച്ചാൽ എങ്ങനെയോ അതുപോലെ ഒരു കുഴപ്പമുണ്ട് കണ്ണാടിയിലൊക്കെ റിവേഴ്സ് ഓർഡറാണ് എന്റെ വലത് കൈ അതിൽ ഇടത് കൈ ആയിരിക്കും ഇടത് കൈ വലത് കൈ ആയിരിക്കും ഒക്കെ തല തിരിഞ്ഞിട്ടായിരിക്കും പക്ഷെ നമുക്ക് വളരെ വാസ്തവമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണെന്നും നമുക്കൊരു ഭ്രമം ഇത് വാസ്തവമായ റിഫ്ലക്ഷനും അല്ല അപ്പൊ നമ്മൾ എന്തു വേണം അതിലത്തെ വലത് കൈ അനക്കണമെങ്കിൽ ഇവിടുത്തെ ഇടത് കൈ അനക്കണം അതേപോലെ ഈ പ്രപഞ്ചത്തില് എന്തെങ്കിലുമൊക്കെ ശരിയാക്കണമെങ്കിൽ അവിടെ പോയി ശരിയാക്കിയിട്ട് കാര്യമില്ല എവിടെ ശരിയാക്കണം റിവേഴ്സാണ് പോട്ടെ ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം ഈ പ്രപഞ്ചം കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിബിംബം പോലെയാണെന്നാണ് അപ്പൊ ബിംബം എവിടെ ഉണ്ട് ഒരു കണ്ണാടി ഒരു വലിയ ഒരു ടൌണിന്റെ വലിയ കണ്ണാടി വെച്ചാൽ ആ ടൌൺ മുഴുവൻ കണ്ണാടിയിൽ കാണും ബിംബം ടൌൺ ആണ് പ്രതിബിംബം കണ്ണാടിയിൽ കാണപ്പെടുന്നത് അതേപോലെ ഈ ബിംബം എവിടെ ഉണ്ട് ഇതിന് മുഴുവനുള്ള ബിംബം ഈ പ്രപഞ്ചം പ്രതിബിംബമാണെങ്കിൽ വിശ്വം പ്രതിബിംബമാണെങ്കിൽ ഈ വിശ്വത്തിന്റെ ബിംബം എവിടെ ഉണ്ട് നിജ അന്തർഗതം കാരണാത്മഗൃസ്ഥിതാഹ കാരണശരീരത്തിൽ ഇതൊക്കെ അടങ്ങിക്കിടക്കണം നമ്മളുടെ ഉള്ളിലും നമ്മളുടെ ഉള്ളില് വാസനാരൂപത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് മുഴുവൻ നമ്മളുടെ സിറ്റുവേഷനും നമ്മളുടെ ലൈഫും നമ്മളുടെ അച്ഛനമ്മമാരും ഒക്കെ വാസനാരൂപത്തിൽ ഇരുന്നതാണ് പുറമേക്ക് പൊട്ടി പൊട്ടി പൊട്ടി വളരെ അത്ഭുതമാണ് വിട്ടുനിന്ന് നോക്കുകയാണെങ്കിൽ അത്യത്ഭുതമാണ് ഒരു കുട്ടി ജനിക്കണു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഫ്യൂച്ചറൊക്കെ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ കുട്ടിയുടെ കാരണ ഒരു വിത്തിന്റെ ഉള്ളിൽ മരം മുഴുവൻ കിടക്കണ പോലെ കിടക്കണുണ്ട് ഓരോ കാലത്ത് ആ വിത്തിൽ മരത്തിൽ നിന്ന് ഓരോന്ന് മുളച്ചു വരുന്ന പോലെ ഈ കുട്ടിയുടെ മുമ്പിൽ അതിനുള്ള ഭർത്താവ് വരും അല്ലെങ്കിൽ ഭാര്യ വരും ശരീരത്തിന് മീശീന്താടിയുമൊക്കെ മുളയ്ക്കും വ്യാധികൾ വരും അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ ഷേപ്സ് ഇതൊക്കെ പുറമേക്ക് വരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ മരം മുളയ്ക്കണ പോലെ അന്തർഗതമായിട്ടുള്ള വാസനകൾ പുറമേക്ക് പ്രപഞ്ചാകാരമായി പരിണമിച്ചു കാണപ്പെടുന്നു രമണ മഹർഷി അരുണാചല അഷ്ടകത്തിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞു സിനിമാ പ്രൊജക്ടർ ഒരു ലൈറ്റ് ഉണ്ട് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കാണാം അവിടെ ഇവിടെ തെരുവിലൊക്കെ കൊണ്ടുവന്ന് വെക്കും പ്രൊജക്ടർ ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞ ഒരുപാട് ഘട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു രാത്രി മുഴുവൻ നടക്കും ചിലപ്പോൾ രണ്ടു ദിവസം നടക്കും ഒരു സിനിമ അതിൽ കാണാൻ ഒരു ലൈറ്റ് മുമ്പിൽ ഒരു ലെൻസ് ഒരു സ്ക്രീൻ അതിന്റെ നടുവിൽ ഫിലിം ഇങ്ങനെ ചുറ്റും റോൾ ഇങ്ങനെ ചുറ്റും അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ചിജ്യോതി ചിത്കിരണം ചിപ്രകാശം ഞാൻ ഉണ്ട് എന്നുള്ള കേവലാനുഭവമാണ് ചിത്പ്രകാശം ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് രൂപത്തിലുള്ള ചിത്പ്രകാശം അത് അത് പ്രകാശിക്കണു അതിന് മുമ്പിൽ നമ്മൾ ശേഖരിച്ചുവെച്ച വാസനകളുടെ റോൾ ഇതിനെ ചുറ്റുന്നുണ്ട് ഇന്ദ്രിയങ്ങളാവുന്ന ഓരോ ലെൻസിലൂടെയും പ്രൊജക്ട് ചെയ്ത് നമ്മളുടെ മുമ്പിൽ കാണുന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രപഞ്ചം ഈ ഫിലിം കാണിക്കുന്നതൊക്കെ കാണും യഥാർത്ഥത്തിൽ സ്ക്രീനിൽ വലതുമുണ്ടോ സ്ക്രീനിൽ മഴ സ്ക്രീനിൽ വാട്ടർഫാൾസ് ഉണ്ടാവും സ്ക്രീനിൽ തീപിടിക്കും സ്ക്രീനിൽ യുദ്ധം നടക്കും സ്ക്രീനിൽ സ്നേഹിക്കും സ്ക്രീനിൽ യുദ്ധം ചണ്ടകൂടും മരണം നടക്കും ജനനം നടക്കും ഇതൊന്നും സ്ക്രീനിൽ ഉണ്ടാവണേയില്ല പക്ഷെ ഒക്കെ കാണുന്നു ഫിലിം കാണിക്കുന്ന മാന്ത്രികത ഇന്ദ്രജാലം അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള വാസന കാണിക്കുന്ന ഇന്ദ്രജാലത്തിനനുസരിച്ച് അതാണ് മായ കാണിക്കുന്ന ജാലങ്ങൾ കാണുമ്പോഴുള്ള ഇന്ദ്രജാല പ്രകടനം ആ വാസനയ്ക്കനുസരിച്ച് ഈ ചിപ്രകാശം ഇന്ദ്രിയങ്ങളിലൂടെ വിജൃംഭണമാവുമ്പോൾ പ്രപഞ്ചരൂപത്തിൽ പലതും കാണപ്പെടുന്നു ഇവിടെ പ്രപഞ്ചരൂപത്തിൽ പലതും കാണപ്പെടുന്നു ആ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും സ്ക്രീനിൽ വെറും വെളിച്ചം മാത്രം പ്രകാശം മാത്രം അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള വാസനയുടെ ഫിലിം അവിടുന്ന് പോയാൽ സർവേന്ദ്രിയങ്ങളിലൂടെയും പരമാത്മദർശനമാണ് അപ്പോഴാണ് വിശ്വം തന്നെ ഭഗവത് സ്വരൂപമാണെന്ന് പറയണത് വാസനയുള്ളപ്പോ ഭഗവാൻ തന്നെ ലോകമായിട്ട് കാണും വാസന പോയാൽ ലോകം തന്നെ ഭഗവത് സ്വരൂപമായിട്ട് പ്രകാശിക്കും ഇന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടുന്നതൊക്കെ തന്നെ പരമാത്മസ്വരൂപമായിരിക്കും പക്ഷെ പരമാത്മ സ്വരൂപമായി കാണാതിരിക്കാൻ കാരണം എന്താ ഈ വാസനകൾ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ചിത്പ്രകാശത്തിന്റെ സ്ഫുരണത്തിനെ വാസനകൾ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ട് ഒരേ ഒരു വെളിച്ചമേ ഉള്ളൂ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലുള്ള വെളിച്ചം ബോധം ആ മഹാധ്വനി ആ വെളിച്ചത്തിന് വാസനകൾ തടസ്സം ചെയ്യുമ്പോൾ അത് തന്നെ നമുക്ക് അനുഭവപ്പെടുക്കും നിജ അന്തർഗതം പശ്യന് ആത്മനി ആത്മാവിലാണ് കാണപ്പെടുന്നത് ആത്മനി പശ്യന് ഈ അനുഭവം മുഴുവൻ ഉണ്ടാവുന്നത് എവിടെ ആത്മനി പ്രപഞ്ചാനുഭവം എവിടെ ഉണ്ടാവുന്നു ആത്മനി ആത്മാവിലാണ് പ്രപഞ്ചാനുഭവം ഉണ്ടാവുന്നത് ശരീരം എവിടെ അനുഭവിക്കുന്നു ആത്മനി മനസ്സ് എവിടെ അനുഭവിക്കുന്നു ആത്മനി ഞാനുണ്ടെന്നുള്ള വ്യക്തിത്വം എവിടെ അനുഭവിക്കുന്നു ആത്മനി എല്ലാം ആത്മാവിലാണ് അനുഭവപ്പെടുന്നത് അല്ലെ ആലോചിച്ച് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഇല്ലെങ്കിൽ ലോകത്തിന് ആര് കാണും ആരഭ്യത ജീവ ജഗത് പരാത്മ തത്വാഭിധാനേന മതം സമസ്തം ഇതം ത്രയം യാവത് അഹമ്മതി സ്യാദ് സർവോത്തമ അഹമ്മതി ശൂന്യനിഷ്ഠ ജീവൻ ജഗത്ത് പരമാത്മാ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് പിരിഞ്ഞ് അനുഭവപ്പെടുന്നതൊക്കെ തന്നെ ഈ ജീവന്റെ അനുഭവ മണ്ഡലങ്ങളാണ് ഞാൻ ഉണ്ട് എന്നുള്ള ഒരു അനുഭവമുണ്ട് ആദ്യം ആ അനുഭവത്തിലാണ് മനസ്സ് പൊന്തുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെയൊക്കെ കാണുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള ഈ സെന്ററിലല്ലാതെ അനുഭവം എവിടെ ഈ മൈക്കിന് റിയില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടെന്നു അറിയില്ല ഈ വാച്ചിന് ഈ വാച്ച് ഉണ്ട് എന്നറിയില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ട് അറിയില്ല ബോധത്തിന്റെ സ്വഭാവമാണ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള അനുഭവം അനുഭവം എന്നുള്ളത് ബോധത്തിന്റെ സ്വഭാവമാണ് അനുഭവം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് ഒരിക്കലും ജഡത്തിന് അനുഭവമില്ല ജഡത്തിന് താനുണ്ട് എന്നുള്ള അനുഭവം ഇല്ല അതുകൊണ്ട് മറ്റുള്ളവരുണ്ടോ എന്നും അറിയില്ല ബോധത്തിന് താനുണ്ട് എന്നുള്ള അനുഭവം സ്വയമേവ ഉണ്ട് അത് വേറെ ആരും പറഞ്ഞുകൊടുക്കാതുകൊണ്ട് നമുക്ക് ഞാനുണ്ടെന്നുള്ള എനിക്കുള്ള അനുഭവം മനസ്സുകൊണ്ടോ ഉണ്ടായതല്ലല്ലോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഉണ്ടായതല്ലല്ലോ കാണുന്നത് കൊണ്ടാണോ ഉണ്ടെന്ന് തോന്നണത് എപ്പോഴും വരണ ഉദാഹരണം ആലോചിച്ചോളൂ ഇരുട്ട് റൂമിലിരുന്നാൽ ഞാൻ ഉണ്ടോ ഇല്ലയോ സംശയം വരുമോ അടുത്തുള്ളവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ സംശയം വരാം വസ്ത്രമുണ്ടോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ സംശയം വരാം ഉടുത്തിരിക്കുന്നത് പക്ഷെ അവനവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമേ വരില്ല ഈ ഉണ്മ എങ്ങനെ അനുഭവപ്പെട്ടു അത് സ്വയമേവ അനുഭവപ്പെട്ടു ആരും ബോധിപ്പിക്കേണ്ട അത് സ്വയം ബോധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഉള്ളില് സ്വബോധേ അന്യബോധേ ആത്മനീപന്യദീപേച്ഛ യഥാസ്വാത്മപ്രകാശനെ ഒരു വിളക്കുണ്ട് മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ താനുണ്ട് മറ്റാരും ബോധിപ്പിക്കേണ്ട അത് സ്വയം പ്രകാശമാണ് ആ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെയാണ് ഇവിടെ ആത്മനി എന്ന് ഭഗവത്പാദർ പറയുന്നത് ആ ഉണ്ട് എന്നുള്ള ആ സ്വാനുഭവത്തിലാണ് ഒരു അറിവ് എന്നുള്ള ഒരു പ്രകാശം ഏർപ്പെടുന്നു ആ പ്രകാശത്തിലാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത് സിംപിളായിട്ടുള്ള യുക്തി ആലോചിച്ചോളൂ ഞാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രപഞ്ചം ഞാൻ ഉണ്ടെങ്കിലേ പ്രപഞ്ചത്തിന്റെ റെക്കഗ്നീഷൻ തന്നെ ഉള്ളൂ ഞാൻ എന്ന് വെച്ചാൽ ഈ ബോധം അസ്തിത്വം ആദ്യം ഇവിടെ വേണം പ്രശ്നത്തിന് പരിഹരിക്കാൻ നമുക്ക് അനുഭവമുള്ളത് അഹമസ്മി എന്നുള്ള മണ്ഡലത്തിലാണ് പ്രജ്ഞാനം അവിടെയാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞല്ലോ പ്രജ്ഞാനം ബ്രഹ്മ ആദ്യത്തെ മഹാവാക്യം ബ്രഹ്മത്തിന്റെ ലക്ഷണം പ്രജ്ഞാനമാണ് ബോധമാണ് അതിനെവിടെ അന്വേഷിക്കും അഹം ബ്രഹ്മാസ്മി ഞാൻ എന്നുള്ള അനുഭവത്തിൽ വേണം അതിനെ അന്വേഷിക്കാം അഹം അഹം അഹം എന്ന് അനുഭവപ്പെടുന്നത് സാധാരണ വസ്തുവല്ല ബാക്കിയൊക്കെ സർവ്വസാധാരണമായിട്ട് തള്ളാം നമുക്കൊരിക്കലും തള്ളിക്കളയാനാവാത്ത ഒരു അനുഭവം ഒരു വലിയ സമ്പത്തായിട്ട് നമ്മളുടെ കൂടെ തുടരണുണ്ട് പക്ഷെ അതിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും എത്രയോ ജന്മങ്ങൾ പോവാം നമ്മൾ ആയിരം ദേവതകളെ പൂജിക്കും ആയിരം അമ്പലങ്ങളിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പോകും ഭൂമിയിലേക്ക് വരും എല്ലാ ലോകങ്ങളിലും ചുറ്റും പക്ഷേ ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും പിന്നെയും പിന്നെ ഈ ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കും ഈ ഞാൻ ആരാണ് ഈ ഞാൻ എന്താണ് ഉള്ള വസ്തു എന്താണ് ആ ഉണ്ട് ഞാൻ എന്നുള്ള അനുഭവത്തിലാണ് ആത്മനി പശ്യെന്ന് ഉണ്ട് താൻ താനായി നിൽക്കുന്ന വസ്തുവിലാണ് മറ്റുള്ളതൊക്കെ അനുഭവപ്പെടുന്നത് എങ്ങനെ അനുഭവപ്പെടുന്നു അതാണ് ആശ്ചര്യം നമ്മള് ദൃഷ്ടിയെ അന്തർമുഖപ്പെടുത്തി ഞാൻ ഉണ്ട് എന്നുള്ള കേവല സത്തയിൽ നിർത്തി ധ്യാനത്തിലിരുന്നാൽ ഒന്നും അനുഭവപ്പെടുന്നില്ല മനസ്സുമില്ല ശരീരമില്ല പ്രപഞ്ചമില്ല അവിടുന്ന് മനസ്സല്പം ചലിച്ചു പൊന്യാൽ അനുഭവപ്പെടുന്നു എവിടുന്ന് പൊന്നു ഇപ്പൊ എവിടുന്ന് പൊന്തി വിവേക ഗുരു ശിഷ്യനെ തത്വോപദേശം ചെയ്തു തത്വോപദേശം ചെയ്ത് സ്വരൂപസ്ഥിതനായ ശിഷ്യൻ ആശ്ചര്യത്തോടെ ഗുരുവിനോട് പറയുന്നു ഭഗവാനെ കുറച്ചുനേരം മുമ്പ് ഞാനിവിടെ ഒരു ലോകത്തിനെ കണ്ടുവല്ലോ അതിപ്പോ ഇവിടെ ആരെടുത്തോണ്ടുപോയിന്നാണ് ക്വഗതം കേരവാണീതം കുത്രലീനമിതം ജഗത് അധുനൈവ മയാദൃഷ്ടം നാസ്തിയേത മഹത് അഭുതം കുറച്ചുനേരം മുമ്പ് ഞാൻ കണ്ടുവല്ലപ്പോ എവിടെ പോയി കുറച്ച് വാസനകൾ പൊന്തി അപ്പൊ ഇനിയും കണ്ടു എവിടുന്ന് കണ്ടു ശ്ചര്യപ്പെടണം നമ്മൾ കണ്ണടച്ചാൽ ലോകം പോകുന്നു കണ്ണു തുറന്നൊക്കെ കാണപ്പെടുന്നു രാത്രി ഉറങ്ങുമ്പോ ഒക്കെ പോയി വ്യക്തിത്വമില്ല ശരീരമില്ല ബ്രാഹ്മണൻ ഇല്ല സ്ത്രീ ഇല്ല പുരുഷനില്ല വന്നു എങ്ങനെ വന്നു മായയാ അതിനുള്ള എക്സ്പ്ലനേഷനാണ് മായയാ മായ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നർത്ഥം അനിർവചനീയം യുക്തിശൂന്യ വസ്തുപ്രകാശ സംജ്ഞാമായ േഷ ഗുണമയ ഗുണമയീ സത്വരജസ്തമോ ഗുണരൂപത്തിലുള്ള ഈ മായ ഉണ്ടല്ലോ ഗുണമയീ മായ അത് എങ്ങനെ പൊന്തുണു എവിടുന്ന് പൊന്തുണുടും അരുണാചല അക്ഷരവണമാലയിലെ ഒരു പാട്ട് പാട്ട് മൃഗനാഥസ്വാമി അർത്ഥം ഈശ്വരൻ തള്ളുത് അർത്ഥം നമ്മളാ വിളകിട്ട സ്വരൂപത്തിലേക്ക് വിലകിണ്ടോടും സ്വരൂപത്തെ വിട്ട് വിലകൊടുത്ത ഇല്ലാമത് ഇരുട്ടിനെ തള്ളി ഓടിക്കാൻ പറ്റുമോ വെളിച്ചം വന്നാ ഇരുട്ട് പോകും വെളിച്ചം പോയാ ഇരുട്ട് വരും സത്തിനെ ശ്രദ്ധിച്ചാൽ അസത്ത് ഇല്ല സത്തിന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അസത്തിനെ ഒരു കാരണം കൊണ്ടും ഇല്ലാതാക്കാനും പറ്റില്ല അപ്പോ ആത്മനി പശ്യൻ ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം പുറമേക്കെന്ന പോലെ എങ്ങനെ അതിനുദാഹരണം പറഞ്ഞു യഥാരിദ്രയാ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന പോലെ ഉറക്കത്തിൽ ആദ്യ ഒരു മറവ് വന്നു പിന്നെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ കണ്ടു സ്വപ്നത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല തനിയ മുറിയിൽ കിടക്കുന്നു എന്തൊക്കെയോ കണ്ടു എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ സുഖമായിട്ട് നല്ല ബംഗ്ലാവിൽ കിടന്നുറങ്ങുമ്പോ കാട്ടില് പക്ഷണി കിടക്കുന്ന പോലെയും ഹിംസ്രജന്തുക്കൾ ഓടിക്കണ പോലെയും ഒക്കെ സ്വപ്നം കണ്ടു ആര് കാണാൻ പറഞ്ഞു എഴുന്നേറ്റിരുന്ന് കരയാണ് ആര് കാണാൻ പറഞ്ഞു ഉത്തരവില്ല കണ്ടു ഇതാണിദ്രയ ആ നിദ്രയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താ വഴി കാട്ടില് പുലി ഓടിക്കുന്നു നിലവിളിക്കാണ് പുലിയെ പിടിക്കൂ പുലിയെ പിടിക്കൂ അടുത്ത് ഉണർന്നിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും ഇയാള് പുലിയെ പിടിക്കാൻ പുലിയെ നിന്ന് എന്നെ രക്ഷിക്കൂന്ന് വന്ന് നിലവിളിക്കാണെങ്കിൽ സ്വപ്നത്തില് ഇയാള് പുലിയെ ഓടിക്കുവോ അല്ല ഇയാളെ രക്ഷിക്കോ എന്താ ചെയ്യുക ഉറങ്ങുന്ന ആളെ എഴുന്നേൽപ്പിച്ചു വിട്ടാൽ അവിടെ പുലിയുമില്ല കാടും ഇല്ല പുലി ഓടിച്ചിട്ടുമില്ല യാതൊന്നും നടന്നിട്ടില്ല അതേപോലെ ആ ദക്ഷിണാമൂർത്തിയുടെ കൃപ നമ്മളുടെ മേലെ വീഴുകയാണെങ്കിൽ പ്രബോധ സമയേ സ്വാത്മാനമേവ അദ്വയം പ്രബോധം പ്രബോധം ഉണ്ടാകുമ്പോ ഉണർവ് ഉണ്ടാകുമ്പോ അവേക്കനിങ് ഉണ്ടാകുമ്പോ സാക്ഷാത്കൃത സാക്ഷാത്കരിക്കുന്നു എന്ത് സാക്ഷാത്കരിക്കുന്നു സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കൃത രണ്ടില്ലാത്ത നോൺഡുവൽ അവേർനെസ് ണ്ട് എന്നുള്ള അനുഭവം ശുദ്ധ ചിത്പ്രകാശം മാത്രമേ അവിടെ ഉള്ളൂ വേറൊന്നുമില്ല എന്ന് അനുഭവപ്പെടുന്നു യു റെക്കഗ്നൈസ് ഇട്ട് ഇവിടെ യാതൊരു ദുഃഖത്തിനും വകയില്ല ശരീരാദികളൊന്നും വിഷമം സൃഷ്ടിക്കുന്നില്ല മനസ്സൊന്നും വിഷമം സൃഷ്ടിക്കുന്നില്ല ഇവിടെ ദുഃഖകാരണമേ ഇല്ല എന്നുള്ള സാക്ഷാത്കാരം പ്രബോധമുണ്ടാകുമ്പോ ഉണ്ടാവുന്നു ആ പ്രബോധത്തിനായിക്കൊണ്ട് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ നമ്മുടെ സത്സംഗത്തിലും അധ്യാത്മ ജീവിതത്തിലുമൊക്കെ ഈ പ്രബോധത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കും ആ പ്രബോധത്തിനെ മാത്രം ലക്ഷ്യം വെക്കുകയാണെങ്കിൽ വ്യവസായാത്മിക ബുദ്ധി അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും കർമ്മം കർമ്മയോഗമായിട്ട് തീരും ഈ പ്രബോധം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കും ഈ പ്രബോധം നമ്മളുടെ ജീവിതത്തിന്റെ പരമാർത്ഥമാണ് ആ പ്രബോധം നമുക്കുണ്ടായാലേ ജീവിക്കുന്നതിന് തന്നെ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ജീവിതം തന്നെ വലിയ ഭാരമായിട്ട് തീരും ശരീരം ഭാരമായിട്ട് ആ പ്രബോധമുണ്ടാവാൻ ദക്ഷിണാമൂർത്തി അനുഗ്രഹിക്കാളെ അടുത്ത ശ്ലോകം കാണാം വിശ്വം ദർപ്പണ ദൃശ്യമാനനഗരീതുല്യംന്തർഗതം പശ്യന്നാത്മനി മായാ ബോദ്ഭൂതം യഥാരികുരു പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തമയിതും ശ്രീദക്ഷിമൂർത്തമാത്മാവസി ത്വമേ തോ നമചിസ്തിയേഷ്ടം കൂരുമാത്മനം ഭജ